മുഹമ്മദ് നബിസല്ലാഹു അലൈഹുവല്ലം ഒരു ദൂതൻ മാത്രമാകുന്നു അദ്ദേഹത്തിന് മുൻപും ദൂതന്മാർ കടന്നുപോയിട്ടുണ്ട് എങ്കിൽ അദ്ദേഹം മരണപ്പെടുകയോ കൊല്ലപ്പെടുകയോ ചെയ്താൽ നിങ്ങൾ നിങ്ങളുടെ പിന്നിലേക്കുമടങ്ങിപ്പോകുകയാണോ ആരെങ്കിലും പിന്നിലേക്കുമടങ്ങിപ്പോയാൽ അവൻ അള്ളാഹു സുബഹാനഹുവ ചായാലയ്ക്ക് യാതൊരു ദോഷവും വരുത്തുകയില്ല നന്ദിയുള്ളവർക്ക് അള്ളാഹു സുഹഹാനുഹൂവ ചായാല പ്രതിഫലം നൽകുന്നതാണ്